അതുകൊണ്ട് ഇവിടെ യജ്ഞം ദാനം തപസ് ഇതില് യജ്ഞം എന്ന് പറയണത് യജ്ഞരൂപനായ അന്തർയാമിയായ ഭഗവാനെ ഉണർത്തുന്നതാണ് യജ്ഞം അത് ഒരു പൂജ ഒരു കർമ്മം കൊണ്ടായിരിക്കാം ഒരു സ്തുതി കൊണ്ടായിരിക്കാം അഭിന്നഭാവം കൊണ്ടായിരിക്കാം എങ്ങനെയോ യജ്ഞ ദാന തപഃകർമ്മ്യാജ്യം യജ്ഞം ദാനം തപസ് എന്നുള്ള ഈ ചര്യകള് വിട്ടുകളയരുത് ചെയ്യേണ്ടതാണ് യജ്ഞോ ദാനം തപശ്ശൈവ പാവനാനി മനീഷിണാം അറിവുള്ളവന് ഭക്തി ഉള്ളവന് അങ്ങനെ വേണം മനീഷി എന്നുള്ള വാക്കിന് ഭക്തിയുള്ളവന് ഫലാനഭിസന്ധീനാം എന്നാണ് ആചാര്യസ്വാമിയെ ഭാഷ്യം ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്നവനാണ് മനീഷി എന്ന് പറഞ്ഞു ഇവിടെ മനീഷ എന്നുള്ളതിന് വാക്കിന് അർത്ഥം അതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഭക്തി റിയൽ ലവ് മെൻ യു ഹാവ് റിയൽ ലവ് യു ഡോൺ എക്സ്പെക്ട് എനിത്തിങ് ഒരു കുട്ടിക്ക് അമ്മ വലതൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി മാസ ശമ്പളം തരണം എന്ന് അമ്മ വിചാരിക്കുമോ മാത്രമല്ല എന്തെങ്കിലും കൊടുത്താൽ ഈ അമ്മയ്ക്ക് ആവശ്യമുണ്ടോ കുഞ്ഞിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടണം ആഗ്രഹം ഉണ്ടോ ഒന്നുമില്ല എന്താ ആ പ്രേമം തന്നെ അതിന്റെ പൂർണ്ണത അതുകൊണ്ടാണ് പറയുന്നത് ഭക്തി തന്നെ ഭക്തിയുടെ ഫലം അപ്പൊ ഈ കർമ്മം ചെയ്യുന്നത് എന്തിനാണ് യജ്ഞം ദാനം തപസ്സൊക്കെ ഭക്തി ഭഗവാനു വേണ്ടിയാണ് ചെയ്യണത് അന്തര്യാമിയായ നാരായണൻ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോ അവർക്ക് പൂർണ്ണമാണ് ദർ ഇസ് നോ അതർ റിസൾട്ട് അത് കഴിഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഒന്നും വേണ്ട അത് കഴിഞ്ഞിട്ടൊരു ഫലം വേണ്ട അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം ഇതൊക്കെ ചെയ്യേണ്ടതാണെന്ന് ഭഗവാൻ പറഞ്ഞു എങ്ങനെ ചെയ്യണം പാവനാണ് വിശുദ്ധീകരണി അത് പ്യൂരിഫൈ ആണ് സാധന എന്ന് പറയുമ്പോൾ അധ്യാത്മ സാധന മെഡിറ്റേഷൻ മുതലായ സാധനങ്ങൾ പോലും ചിലപ്പോൾ ശുദ്ധമാക്കില്ല ഭാവന ശരിയല്ലെങ്കിൽ അതിന് പുറകിൽ ചിലർക്കൊക്കെ വേറെ വല്ല ഭാവങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് ഞാന് ധ്യാനം ചെയ്തിട്ട് അതൊരു ഈഗോ ട്രിപ്പായിരിക്കും ചിലപ്പോൾ ഉള്ളിലെ ധ്യാനം ചെയ്ത് ചിലർക്ക് പറയണേ എത്ര ദിവസം ധ്യാനിച്ചാലും എനിക്ക് എൻലൈറ്റൻമെന്റ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ അതാണ് പുതിയൊരു ഏർപ്പാട് എത്ര ദിവസം ധ്യാനിച്ചാൽ ചിലർക്ക് കോഴ്സ് തന്നെ നടക്കേണ്ടത് എത്ര ദിവസം മെഡിറ്റേഷൻ കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റിയലൈസേഷൻ അപ്പൊ അതും ബിസിനസ് ആണേ അല്ലേ ആ ആറ്റിറ്റ്യൂഡ് ശരിയില്ല ആദ്യം കുറച്ച് തുടങ്ങുമ്പോഴൊക്കെ ശരി പിന്നെ ഭക്തന്മാര് പറഞ്ഞത് ഭഗവാനെനിക്ക് മോക്ഷവും വേണ്ട മുക്തിയും വേണ്ട ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അതാണ് ഫ്രീഡം സ്വാതന്ത്ര്യം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല യാതൊന്നും വേണ്ട നൈരപേക്ഷം പരം സുഖം ഒരപേക്ഷ ഒരു ഡിസൈറും ഇല്ല ദർ നോ മൂവ്മെന്റ് ആ ഡിസൈർ ഉള്ളു പോയാൽ ഇരുപ്പ് തന്നെ മെഡിറ്റേഷൻ ഇരുപ്പ് തന്നെ ധ്യാനം സമാധി അപ്പോ ഈ കർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ് നോക്കൂ ഏതാനപിതു കർമാണി സംഗം തൃക്വാർത്തീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം എന്റെ ദൃഢമായ അഭിപ്രായം ഭഗവാന്റെ അഭിപ്രായം ഭഗവാൻ പറയാണ് ഏതാനി അപിത്തു കർമാണി ഈ യജ്ഞം ദാനം തപസ് മുതലായിട്ടുള്ള കർമ്മങ്ങള് പാവനാനി വേദം വിധിച്ചിട്ടുള്ളത് ഋഷികൾ വിധിച്ചിട്ടുള്ളത് നല്ല കാര്യങ്ങള് ഇതൊക്കെ തന്നെ ചെയ്യണോപ്പാ ഇതെങ്ങനെ ചെയ്യണം കർമ്മം ശരിയില്ലെന്ന് പറഞ്ഞ് കർമ്മത്തിനെ ത്യജിക്കേണ്ട അതിലുള്ള ദോഷം ത്യജിച്ചാൽ മതി അതിൽ ദോഷം എന്താന്ന് വെച്ചാൽ സംഘം തെക്വാ ഇതൊക്കെ അതിലുള്ള ആസക്തി വിട്ടിട്ട് അതിൻ്റെ ഫലം അത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള ആഗ്രഹം വിട്ടിട്ട് ചെയ്യാം അങ്ങനെ ചെയ്താൽ വിശുദ്ധികരാണി ജപം ധ്യാനം മുതലായിട്ടുള്ളത് ജപം കഴിഞ്ഞാൽ എന്ത് കിട്ടും ധ്യാനം കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അതൊരു ബിസിനസ്സാണ് സവൈവണിക്ക് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞു അവൻ വ്യാപാരിയാണ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഒരു ഫലം കിട്ടും ശിവാനന്ദ സരസ്വതി സ്വാമി ശിഷ്യൻ സ്വാമി വെങ്കടേശാനന്ദ ഒരിക്കൽ പറഞ്ഞു ഒരാള് ചോദിച്ചു സ്വാമിജി ഈ പുരാണങ്ങളൊക്കെ പറയണു നമ്മൾ തപസ് ചെയ്താൽ രംഭ ഉർവശി മേനക ഈ അപ്സരസുകളൊക്കെ വന്ന് നർത്തനം ചെയ്ത് നമ്മൾ തപസ് ചലിപ്പിക്കും എന്ന് പറയണു ഇതൊക്കെ ഈ കാലത്ത് നടക്കോ ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് തപസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇവര് തപസെയ്യണത് ഇതിനു വേണ്ടിട്ടാണ് വരൊന്നും അപ്പൊ സ്വാമി പറഞ്ഞു നിന്റെ തപസ്സിന് അവരൊന്നും വരില്ല പഠിക്കണ്ട രാമായണത്തില് ഒരാളുടെ തപസ് കലക്കാനായിട്ട് ശ്രമിച്ച് നടന്നില്ല അവർക്ക് ഇങ്ങനെ ചില ഏർപ്പാടൊക്കെ ചെയ്ത് കൊടുത്തു ആ ഋഷിക്ക് ഒരു കുളത്തിൻറെ ഉള്ളിൽ ഒരു വലിയ പാലസ് തന്നെ കെട്ടിക്കൊടുത്തു ദുബായിൽ എവിടെയോ കടലിന്റെ അടിയിൽ ഹോട്ടൽ ഉണ്ടെന്ന് പറയണ്ട് അതുപോലെ ഒരു കുളത്തിന്റെ ഉള്ളിൽ ഒരു ഹോട്ടൽ കെട്ടിക്കൊടുത്തു രാമൻ ചെന്നും മൂക്കത്ത് പേരിൽ വെച്ച് നോക്കുന്നുണ്ട് അയാളുടെ യോഗ പ്രഭാവം എന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ രാത്രിയൊക്കെ ആകുമ്പോഴേ എവിടുന്നു മ്യൂസിക് ഒക്കെ കേൾക്കണു അപ്പൊ രാമൻ അവിടെ അടുത്തു ചെന്നിട്ട് ചില മഹർഷികളോട് ചോദിക്കുക എവിടുന്നാ ഈ സംഗീതം കേൾക്കുന്നത് ഇവിടെ ഒരു ആശ്രമം ഒന്നും കാണില്ല അത് ഈ കുളത്തിന്റെ ഉള്ളിലാ അവിടെ ഒരു ഋഷിയുണ്ട് അദ്ദേഹം അവിടെ ഒരു ഹോട്ടലൊക്കെ കെട്ടി നിൽക്കുക അപ്പോ അതങ്ങനെ വേറെ ഒരാൾക്ക് തപസ് ചലിപ്പിക്കാനായിട്ട് ഒരു ഒരു കത്തി ഒരു പിശാങ്കത്തി കൊണ്ട് കൊണ്ടു കൊടുത്തു അത്രയേ ഉള്ളൂ അയാൾ ആ കത്തി ഉപയോഗിച്ച് ഉപയോഗിച്ച് അവസാനം ഹിംസയൊക്കെ ചെയ്യാൻ തുടങ്ങി തപസ്സൊക്കെ പോയി ഒരാളുടെ തപസ് കളിക്കാൻ ഇപ്പൊ അപ്സരസുകൾ തന്നെ വേണമെന്നില്ലേ ചിലപ്പോൾ ഒരു കത്തി മതി ചിലപ്പോൾ ചില തപസ് ചെയ്യുന്ന ഋഷികൾക്ക് ചില ശിഷ്യന്മാരെ ഒരു മൊബൈൽ ഫോണുകൊണ്ട് പിന്നെ ആ സ്വാമി കുറെ കഴിയുമ്പോൾ ഇവരെ വിളിച്ച് അവരെ നമ്പർ അവരുടെ നമ്പർ ഇവരെ വിളിക്കുക പിന്നെയും ഇവിടെ തപസ് അപ്പൊ അത്രക്കും അതിന്നാണ് അപ്പൊ ആസക്ത്യം തെക്കുക കർമ്മത്തില് അതിന്റെ ഫ്യൂവൽ അതിന്റെ പുറകിലുള്ള ദോഷങ്ങളെ അങ്ങനെ നിവർത്തിപ്പിക്കണം ആ ദോഷങ്ങൾ നിവർത്തിപ്പിച്ചിട്ടില്ലെങ്കിൽ കർമ്മം സ്വതന്ത്രമായി ഒരു കർമ്മവും നിങ്ങളെ മോളോട്ട് കൊണ്ടുപോലാണ് അത് അടിച്ചുതെളിയായിരിക്കട്ടെ മെഡിറ്റേഷൻ ആയിട്ടിരിക്കട്ടെ വലിയ വ്യത്യാസമൊന്നുമില്ല പൂജയായിരിക്കട്ടെ എന്ത് വേണമെങ്കിൽ ആവട്ടെ ഇപ്പൊ അമ്പലത്തിൽ പൂജ ചെയ്യണം പൂജ എന്ന് പറയുന്ന കർമ്മം ഒരാളെ മുക്തമാക്കുമെങ്കിൽ അമ്പലത്തിൽ പൂജ ചെയ്യുന്നവരൊക്കെ ജ്ഞാനികളാവണല്ലോ അല്ലേ പൂജ ചെയ്യാൻ ഒരാൾ പോകുമ്പോൾ ദേവൻ പേടിക്കണോന്ന പറയണം കുളിച്ചു കുറ്റിത്തലയും കുടങ്ങ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം വരച്ചു ദേവൻ ചുമരോടലച്ചു നീരോവിലൂടെ ഗമനഞ്ചകാരാ ഇയാൾ ഉള്ളിൽ പോയത് നീരോവിലൂടെ പുറത്തേക്ക് പോയത്ര ദേവൻ ഒരു ശാന്തികാര ഉള്ളിൽ പോകുമ്പോൾ ഒരു സ്വാമിയെ അത് സ്വാമിയാർ ശാന്തിക്കാരൻ പൂജ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും സ്വാമിയാരെ നമസ്കരിച്ചു ഇതൊരു നാലഞ്ച് ദിവസം തുടങ്ങിയപ്പോൾ സ്വാമിയാരോട് പറഞ്ഞു ഇങ്ങനെ എന്നെ നമസ്കരിക്കേണ്ട കേട്ടോ ഞാൻ അരിവാളാണ് നിവൃത്തിയില്ലാത്തോണ്ട് പൂജയ്ക്ക് വന്നതാണ് അതുകൊണ്ട് നിങ്ങളിപ്പോ എന്നെ നമസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ദേവനിൽ വിശ്വാസമൊന്നുമില്ല അങ്ങനെ നമസ്കരിക്കണെങ്കിൽ ദേവനെ നമസ്കരിച്ചോളൂ അപ്പൊ സ്വാമിയാർ പറഞ്ഞു ഞാൻ ദേവനെയാ നമസ്കരിക്കണപ്പാ അല്ല എന്നെയാണുള്ളൂ അല്ലല്ല നിങ്ങളെ അത് സമയം കൊണ്ട് മനസ്സിലാക്കിയ നിങ്ങൾ ഉള്ളിൽ പോകുമ്പോൾ ദേവൻ പുറത്തു വരുന്നു നിങ്ങൾ പുറത്തു വരുമ്പോൾ ദേവൻ അത് ഞാൻ ആ സമയത്തൊക്കെ ഞങ്ങടെ നമസ്കരിച്ചു ഉള്ളൂ തോന്നുന്നു അപ്പൊ ഏതാന്യപിതർമാണി സംഗം തിക്വാഫലിച്ച് കർത്തവ്യാനിമേ കർത്തവ്യാനീതിമേ പാർച്ച് നിശ്ചിതം മതമുത്തമം ഏത് കർമ്മമാണെങ്കിലും അതിലുള്ള സംഘമും ഫലമും വിട്ടിട്ട് കർത്തവ്യാനി ചെയ്യേണ്ടതാണ് ഇതെന്റെ നിശ്ചയമായ അഭിപ്രായമാണ് അതിലുള്ള അറ്റാച്ച്മെന്റും അതിൽ എന്ത് കിട്ടും എന്ത് കിട്ടും എന്താണ് അവസാനം കിട്ടാൻ പോണത് ചിന്തയും വിട്ടിട്ട് അതിലുള്ള ദോഷത്തിനെ എടുത്തിട്ട് വേണം ചെയ്യാൻ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളതല്ല അതിന് പുറകിൽ ദോഷം ആ ദോഷം ഈ ഓരോ കർമ്മം ചെയ്യുമ്പോഴും മമോപാത്ത സമസ്ത ആദ്യ ഒരു സങ്കല്പം ചെയ്യില്ലേ അവിടെയാണ് കിടക്കുന്നത് സീക്രറ്റ് മുഴുവൻ ജപം ചെയ്യുമ്പോൾ ചിലരൊക്കെ പറയും മനസ്സ് നിൽക്കണില്ല മനസ്സ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ആദ്യ ഒരു സങ്കല്പം ഉണ്ടല്ലോ അതെന്താന്ന് നോക്കിയാൽ ഇവിടേക്ക് വരണു കാറിൽ ലയൻസ് സ്കൂളിലേക്ക് വരണു തൃശ്ശൂരിൽ നിന്നാണ് വരണത് അല്ലേ തൃശ്ശൂരിൽ നിന്ന് കാറെടുക്കുമ്പോൾ ലയൺസ് സ്കൂളിലേക്ക് പാലക്കാട് ഈ കൊപ്പം ലയൻസ് സ്കൂളിൽ പോകണു തീരുമാനിച്ചു പിന്നെ അതേയാണോ വിചാരിച്ചോണ്ടിരിക്കണത് അല്ല ആദ്യം സങ്കല്പിച്ചു ആ സങ്കല്പം ശരീരത്തിനെ കൺട്രോൾ ചെയ്യണു എവിടെയോ അൺകോൺഷ്യസിലിരുന്ന് നമ്മളെ ശുചിക്കും അതിന്റെ നടുവിൽ എന്തൊക്കെയോ വിചാരിച്ചു എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചു അതിൻ്റെ ഉള്ളിൽ പാട്ട് കേട്ടു പല കാര്യങ്ങൾ ചിന്തിച്ചു കറക്റ്റായിട്ട് കാർ ഇവിടെ വന്നു തന്നു അതിന് പുറകിലുള്ള പവർ constant thinking allah, first thought തിങ്കിംഗ് അല്ല ഫസ്റ്റ് തോട്ടാണ് ഫസ്റ്റ് തോട്ട് ലേസ് ദ ഫൗണ്ടേഷൻ ആൻഡ് ഹാസ് ഇറ്റ്സ് കൺട്രോളിംഗ് പവർ ലേറ്റർ തോട്ട്സ് തോട്ട്സ് ആർ ഓൾഡ് അതിന്റെ സൈഡിലുള്ളതാണ് അതൊന്നും മുഖ്യമല്ല അതിനാണ് പൂർവസങ്കല്പം എന്ന് പറയുന്നത് ആ പൂർവസങ്കല്പമാണ് സ്പിരിച്വൽ സീക്രട്ട് നിങ്ങൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആദ്യം എന്ത് വരണമെന്ന് നോക്കുകയാണോ എന്തിനാ ചെയ്യണത് അത് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ സന്തോഷമുണ്ടോ സ്നേഹമുണ്ടോ ജപം ചെയ്യുമ്പോൾ മനസ്സിൽ നിന്നൊന്നും മുഖ്യമല്ല ഭഗവാൻ വേണ്ടി ചെയ്യണു ഭഗവാൻ ഗുരു പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യണു ഭഗവത് ധ്യാനത്തിന് ഭഗവത് പ്രാപ്തിക്ക് ചെയ്യണു ജപം ചെയ്തോണ്ടേ പിന്നെ ആ ഒരു കാര്യം പുറകിലുണ്ടാവും അത് കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുക അല്ലാതെ ജപം ഇപ്പോൾ റിസൾട്ട് വരണ്ടോ മനസ്സ് ധ്യാനമാവുണ്ടോ ഏകാഗ്രമാവണ്ടോ ഒന്നും നോക്കരുത് ആ ഏത് കർമ്മവും അങ്ങനെയാണ് പൂജയും ജപമും ധ്യാനമും ഒക്കെ പോലും ഭക്തി സാധകമാവണമെങ്കില് അതിന് പുറകില് ഫലാഭിസന്ധി വർജിതും വേറെ ഒരു ഫലവും ഇച്ഛിക്കണില്ല ഭഗവാൻ സന്തോഷിക്കട്ടെ ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിന് പാവനത്വം ഉണ്ട് ഇറ്റ് പ്യൂരിഫൈസ് അത് പരിശുദ്ധമാക്കി ചെയ്യും ഇത് നിശ്ചിതം മതമുത്തമം ഇതെന്റെ നിശ്ചയമായ അഭിപ്രായമാണ് ഹേ അർജുന അസംഘസ ഫലാർ സങ്കമുള്ളവന് ഫലത്തിൽ ഇച്ഛയുള്ളവന് ഇതേ കർമ്മങ്ങള് ബന്ധഹേതുക്കളായിട്ട് തീരും അതുകൊണ്ട് ഈ അസംഖിയായിട്ട് സംഘമില്ലാതെ ഇതിലുള്ള ഫലത്തിനെ ആശിക്കാതെ ഭഗവത് പ്രാപ്തിയെ കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മമുണ്ടല്ലോ ഇപ്പം നമുക്കൊരു കാര്യം ഉള്ളിൽ വരും നമ്മളുടെ ഓഫീസിൽ ജോലി അല്ലെങ്കിൽ വേറെ ഇതിലൊക്കെ ഫലം ഇച്ഛിക്കത് ചെയ്യാൻ പറ്റുമോ സത് കാര്യം വേറെ പൊതുവെ ഗീതയിൽ ചർച്ച ചെയ്യുന്ന കാര്യം വിഹിതകർമ്മങ്ങളാണ് വിഹിതകർമ്മം എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞാൽ ജപം പൂജ സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യൽ അനുഷ്ഠാനങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസ് ഉണ്ടോ അത് വിഹിത കർമ്മമാണ് അതായത് അത് കാമ്യകർമ്മമല്ല അതിനായിട്ട് പുറമേക്ക് ഒരു ഫലം കാണാൻ പറ്റില്ല അത് വേദം വിധിക്കുന്ന കർമ്മമാണ് അല്ലെങ്കിൽ ഗുരു വിധിക്കുന്ന കർമ്മമാണ് ശാസ്ത്രം വിധിക്കുന്ന കർമ്മമാണ് ആ കർമ്മം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിഷ്കാമ്യമാക്കാനും ഭഗവത് ആരാധനയാക്കി മാറ്റാനും സാധിക്കും സാധിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ ഏത് ഫീൽഡിലിരിക്കണോ ആ ഫീൽഡിൽ ആ കർമ്മമണ്ഡലത്തിന്റെ ഉള്ളിലേക്ക് ഈ അറിവ് കൊണ്ടുവരാൻ കഴിയും അതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ നമുക്ക് നല്ലത് ആഗ്രഹിക്കാതിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മൾ കുട്ടിക്കാലം മുതൽ എത്രയോ ജന്മമായിട്ട് പഠിച്ചിരിക്കണത് ആഗ്രഹിക്കുന്നതാണ് നല്ലതെന്നും ഫലത്തിലാണ് സുഖമെന്നും അതിലാണ് നമുക്ക് സൗഖ്യമെന്നും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക മറ്റേത് നമുക്ക് ബോധിക്കണില്ല അതുകൊണ്ട് ബോധിക്കാൻ കുറച്ച് സമയമാവും കുറെ കഴിയുമ്പോൾ നമുക്ക് ബോധിക്കും ത്യാഗത്തിലുള്ള സുഖം ഭോഗത്തിൽ ഇല്ല എന്നറിയും അപ്പൊ നമ്മൾക്ക് അപ്പോഴും കൺവിൻഷ കൺവിക്ഷൻ ആണത് ത്യാഗം നമ്മളെ അറിഞ്ഞു ചെയ്യണം അറിഞ്ഞു നമുക്ക് ത്യാഗമാണ് ഹിതകരം മറ്റേത് പ്രിയമാണ് ഭോഗം പ്രിയമാണ് ത്യാഗം ഹിതമാണ് ഭോഗം പ്രിയമായതുകൊണ്ട് അത് വിടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ത്യാഗം ഹിതകരമാണ് അതിന് കുറച്ച് സമയമായാലും അത് പതുക്കെ നമുക്ക് ശാന്തി തരും എന്നറിയുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെ നമുക്ക് പ്രിയമായിട്ടുള്ളത് അറ്റ് ദ സെയിം ടൈം പോയിസണസ് ആയിട്ടുള്ളതായ വിഷയങ്ങളെ വിട്ടു തുടങ്ങും പ്രിയമാണ് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടിക്കണോ ദ്രോഹം ചെയ്യണം നമുക്ക് വിഷമുണ്ടാക്കണം ഇറ്റ് ഹർട്സ് അവർ സൈക്കി ഇറ്റ് ഹർട്സ് യുവർ അഡ്മോസ്ഫിയർ ഇറ്റ് ഹർട്സ് എവ്രി ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെ ആ വിഷയങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഹീതകരമായത് പരമാർത്ഥപ്രാപ്തിക്ക് ഉപകാരകരമായത് ആയിട്ടുള്ള കർമ്മങ്ങളെ വരിക്കണം നമ്മള് ഉള്ളുകൊണ്ട് വരിക്കുകയാണ് അതാണ് പൂർവ്വസങ്കല്പം മമോപാദ സമസ്ത വരണമാണ് ഞാൻ ചെയ്യുന്നു അല്ലെ നിത്യകർമാനുഷ്ഠാനം ഇതൊക്കെ എന്തിനാണ് വരിക്കുകയാണ് ഞാൻ ഇന്നു മുതൽ ഇന്നന്ന ഇങ്ങനെ നിസ്സംഗമായിട്ട് എന്റെ കർമ്മം നിയതമായിട്ടുള്ള കർമ്മത്തിന് നിസ്സംഗമായിട്ട് ചെയ്യും അസംഗമായിട്ട് ചെയ്യും ഭഗവതർപ്പണമായിട്ട് ചെയ്യും ഇത് ഭഗവാനു വേണ്ടി ചെയ്യണു അതിൽ ഫലം കിട്ടിയോ ശരി കിട്ടിയിട്ടില്ലയോ ശരി എവിടെ വെച്ചിരിക്കണോ അങ്ങനെ എന്റെ ധനം അന്തർയാമിയിലുള്ള ആനന്ദമാണ് പ്രേമമാണ് അങ്ങനെ വന്നു കഴിയുമ്പോ അവിടെ ശ്രദ്ധ ലഗ്നമായി കഴിയുമ്പോൾ ഒരു കുറവുണ്ടാവില്ലേ അതാണ് വേറെ ഒരു ആശ്ചര്യം മഴ പെയ്യുന്ന പറഞ്ഞാൽ മഴ പെയ്യും പണം കൂരപ്പുറത്തുനിന്ന് അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തി എന്ന് പറഞ്ഞാൽ വീഴും പക്ഷെ നിങ്ങൾ ചിന്തിച്ച കാര്യം നടക്കുകയില്ല ശങ്കരന് വിളിച്ചപ്പോ കൂരപ്പുറത്തുനിന്ന് അംഗം ഹരേഹേ പുളകഭൂഷണം വീണു നമ്മൾ വിളിച്ചാൽ പല്ലിയോ മറ്റോ വീഴും സ്വർണ്ണനെല്ലിക്കൊന്നും വീഴില്ല എന്റെ വിളിച്ചിപ്പോ വീണത് ഒരാഗ്രഹവും ഇല്ല തനിക്ക് വേണ്ടിയുമല്ല അതിലൊരു കോന് പോലും താൻ തിരിഞ്ഞു നോക്കിയില്ല അല്ലേ വിളിച്ചിട്ടങ്ങട് പോയി തനിക്ക് അതിലൊന്നും ഒന്നും കിട്ടാനില്ല അർത്ഥം അനർത്ഥം ഭാവയനിത്യം പറഞ്ഞ ആള് തന്നെയാണ് വിഷമിക്കുന്ന ആളെ കണ്ടപ്പോ കരുണയോട് വിളിച്ചുമ്പോൾ ഞങ്ങടെ വീണ് കൊടുത്തിട്ട് പോയി അങ്ങനെയുള്ള ആൾക്ക് തനിക്ക് സ്വയം അങ്ങോട്ട് ചെയ്തുകൊടുയോ എന്തുകൊണ്ട് ചെയ്തില്ല അത് സുഖമല്ല എന്ന് മനസ്സിലാക്കി സുഖം ശാന്തി ആത്മാവലാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് അതിനെ അറിഞ്ഞുകൊണ്ട് ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധിമന്വിച്ച കൃപണാഹ ഫലഹേതവഹ എന്ന് ഭഗവാൻ മുമ്പ് പറഞ്ഞതാണ് ഈ ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ പിച്ചക്കാരനാണ് അർജുന എന്നത് അവൻ കർമ്മത്തിലേ അല്ല ശ്രദ്ധ എന്ത് കിട്ടും എന്ത് കിട്ടും ഒരു യോഗി ഭിക്ഷയ്ക്ക് പല വീടുകളിൽ പോയി വളരെ അറിയപ്പെട്ട ഒരു മഹാത്മാവാണ് അദ്ദേഹം ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു നല്ല തണ്ടും തടിയും ഉള്ള ആൾ പണിയെടുത്തുടേ ഈ വിറകൊക്കെ കീറിയിടൂ ചോറ് തരാമെന്നുള്ളൂ മഴുവെടുത്തു കൊടുത്തു നല്ല ഭംഗിയായിട്ട് വിറങ്ങൊക്കെ വെട്ടി അടുക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയി അപ്പൊ വീട്ടുകാരന് വലിയ വിഷമായി പുറകെ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഭക്ഷണം കഴിക്കാതെ പോയിയല്ലോ ക്ഷമിക്കണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരു ഐഡിയൽ ആദർശമുണ്ട് പണിയെടുത്താൽ ഊണ് ഞങ്ങൾക്കും അതുപോലൊരു ആദർശമുണ്ട് എവിടെ പണിയെടുക്കണോ അവിടെ ഉണ്ണാറില്ല എവിടെ ഉണ്ണോ ഞങ്ങൾ അവിടെ പണിയെടുക്കാറില്ല അതുകൊണ്ട് ഇവിടെ ഞാൻ പണിയെടുക്കണം ഭഗവാൻ നീതി വെച്ചിരിക്കണം ഇവിടെ എനിക്ക് ഉണ്ണാൻ പറ്റില്ല അന്ന് ഒന്ന് പോയി ഇപ്പെന്തായി യു വോണ്ട് ടു ഇൻസൾട്ട് ഹിം ബട്ട് യു ഗോട്ട് യുവർ സെൽഫ് ഇൻസൾട്ടഡ് അല്ലെ ഹ്യൂമിലിയേറ്റഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആണ് കർമ്മത്തിനെയും ഫലത്തിനെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ പറഞ്ഞു അധ്വാനിച്ച് സമ്പാദിക്കൽ ഇതാണ് നമ്മൾ വലിയ കാര്യം അതൊരു വലിയ കാര്യമാണ് ഒരു വിധത്തിൽ പക്ഷേ ഋഷികൾ അതിനു മേലെ പോയിട്ട് പറഞ്ഞു അധ്വാനിക്കുന്നതിനും സമ്പാദിക്കുന്നതിനും കണക്ഷനേ ഇല്ല നിനക്ക് ഒരാൾക്ക് വേണം ഔട്ട് ഓഫ് ലവ് യു വർക്ക് നിനക്ക് കൊടുക്കേണ്ടത് വേറെ ഒരുത്തനും ഔട്ട് ഓഫ് ലവ് യു ഈ ഹാസ് ടു ഗീവ് യു അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ എന്താ അവിടെ എന്ത് ബുദ്ധിമുട്ട് ആർക്കുണ്ടാവും ഇല്ലേ ഇതിനൊക്കെ തടസ്സം എന്താ പ്രതിബന്ധം എന്താ നമ്മളുടെ സ്വാർത്ഥതയാണ് നമ്മളുടെ അഭിമാനാണ് നമ്മളുടെ ബിസിനസ്സാണ് എല്ലാം ബിസിനസ് എല്ലാം വ്യാപാരം എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും ഇത് ചെയ്താ എനിക്ക് എന്ത് കിട്ടും ഇത് ചെയ്താ എനിക്കെന്ത് കിട്ടും അപ്പോ ഭഗവാൻ അതിനെ പറഞ്ഞു ഇത് ഒരു കർമ്മവും എന്തുകൊണ്ട് തന്നെ ശുദ്ധീകരിക്കണില്ലെന്ന് വെച്ചാൽ നീ കിട്ടുന്നതിലേ മനസ് വെച്ചുകൊണ്ടിരിക്കണം ചിലരൊക്കെ ചോദിക്കും നിങ്ങൾ ഇത്ര കാലം ജപിച്ചു ഭാഗവതം വായിച്ചു പൂജ ചെയ്തു എന്ത് കിട്ടി ഇതാണ് ഒരു ചോദ്യം ഞാൻ പറയാറുണ്ട് ഒന്നും കിട്ടിയില്ലേ പക്ഷെ ഇത് നിർത്തിയാൽ എന്തെങ്കിലും കിട്ടും അതാണ് ബുദ്ധിമുട്ട് നിർത്തി കഴിഞ്ഞാൽ എന്തിലെങ്കിലും പെടും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കിട്ടാനല്ല ഒന്നും കിട്ടാതിരിക്കാനാണ് ഈ കിട്ടൽ ഈ ശരീരം കിട്ടി അത് തന്നെ ഒരു കുഴപ്പമാണ് ഈ മനസ്സ് കിട്ടി അഹങ്കാരം കിട്ടി വാസനകള് കിട്ടി അനന്തമായി പൂർണ്ണമായിട്ടിരിക്കണ വസ്തു ലിമിറ്റഡ് ആയത് കിട്ടിയത് കൊണ്ടാ ഇപ്പൊ മഹാബലിയുടെ കഥയില് ആ കിട്ടിയതിന് മുഴുവൻ അങ്ങോട്ട് കൊടുത്തപ്പോ അയാള് പൂർണമായി തനിക്ക് കിട്ടിയത് മുഴുവൻ അങ്ങോട്ട് കൊടുത്തു അപ്പൊ ഭഗവാൻ പറഞ്ഞു രക്ഷിഷ്യ സർവത്തോഹം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ ഗീതയിലെ യോഗക്ഷേമം മഹാമേഹം എന്നുള്ള ശ്ലോകത്തിന് വ്യാഖ്യാനാണത് തന്നെ ഞാൻ രക്ഷിക്കും തൻ്റെ കൂടെ രക്ഷിക്കും തനിക്ക് എന്തൊക്കെ കൂടെ വസ്തുക്കളൊക്കെ രക്ഷിക്കും താൻ കാണും അർജുന എന്നാണ് ഞാൻ കൂടെ യു വിൽ സീഇറ്റ് അത് ആർക്കാണ് പറഞ്ഞത് എല്ലാം കൊടുത്തു കഴിഞ്ഞ ആൾക്ക് പോപ്പറായിട്ട് നിർത്തി അല്ലേ പറിച്ചെടുത്ത് ഒന്നുമില്ലാതാക്കി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒന്നുമില്ലാതായാൽ എല്ലാം വന്നു എന്നാണ് അവിടെ നമ്മൾ അല്പ അല്പം കയ്യിൽ വയ്ക്കുമ്പോൾ അനന്തം വിട്ടുപോയി അങ്ങോട്ട് വിട്ടുകഴിഞ്ഞപ്പോൾ അനന്തം കൂടെ വന്നു കൂടെ നിന്നു എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് മുഴുവനുണ്ട് അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഹേ അർജുന തസ്മാ അർജുന ഈ തപസ് യജ്ഞം ദാനം മുതലായിട്ടുള്ളതൊന്നും ഉപേക്ഷിക്കരുത് ഇതൊക്കെ നിയതകർമ്മമാണ് നിയതം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടുള്ളതാണ് ഇതൊക്കെ മനുഷ്യന് വിധിച്ചിട്ടുള്ളതാണ് എന്തൊക്കെ നിയതമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടോ അതൊന്നും വിട്ടുകളയരുത് അതാണ് അടുത്ത ശ്ലോകം നിയതന്യാസോ നോപോരികീർത്തി നിയതസ്യതു സന്യാസ സ്വാഭാവികമായി വീണുകിട്ടിരിക്കുന്ന കർമ്മണ്ടല്ലോ അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയണത് ന ഉപപത്യത്തെ ദോട്ട് റൈറ്റ് അതിനെ മോഹം കൊണ്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള യജ്ഞം ദാനം തപസ് മുതലായിട്ടുള്ളതൊക്കെ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് താമസം അത് സാത്വികമല്ല അത് വേണമെങ്കിൽ നാട്ടുകാർ വേണമെങ്കിൽ പറയും കണ്ടില്ലേ അവനെല്ലാം വിട്ടു എന്നു എന്ത് വിട്ടു താമസ ഇത് ശരിയായിട്ടുള്ള ത്യാഗമാണോ യജ്ഞം വിട്ടു ദാനം വിട്ടു തപസ് വിട്ടു അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടു തമോമയമായിട്ട് ഇപ്പൊ എന്തു തമോമ ഗുണത്തിന് അടിമപ്പെട്ടു പോയി താമസ പരികീർത്തി നിയതമായിട്ടുള്ളതിനെ നിയതം സംഗരഹിതം അരാഗ അദ്വേഷത കൃതം എന്നൊക്കെ ഭഗവാൻ ഇനി പറയാൻ പോകും ദാറ്റ് ഇസ് വിച്ച് ഈസ് നാച്ചുറൽ ടു ഓരോരുത്തരും അവനവന്റെ കർമ്മത്തിൻ്റെ മണ്ഡലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല സന്തോഷത്തോടുകൂടെ പ്രേമത്തോടുകൂടെ പ്രിയത്തോടു കൂടി ഇതാണ് എൻ്റെ ധർമ്മം എന്നറിഞ്ഞ് അതിൽ ആരാധന ചെയ്ത് തുടങ്ങുമ്പണ്ടല്ലോ അത് എന്തു കർമ്മം അത് അയാൾക്ക് ഈശ്വരനായിട്ട് അനുഗ്രഹിക്കും അന്തര്യാമയായിട്ട് അനുഗ്രഹിക്കും അതിൻ്റെ സന്യാസം അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ന മോഹം കൊണ്ട് ഞാനിത് ഉപേക്ഷിച്ചിട്ട് വേറെ എന്തോ ചെയ്യാൻ പോണു ഇത് വിട്ടിട്ട് വേറെ എന്തോ ചെയ്യാൻ പോണു എന്ന് കരുതുകയാണെങ്കിൽ ഹേ അർജുനജ്ഞാ തയതായ പരിത്യാഗം ചവശ്യം കർത്തവ്യം തൃജ്യത്തെ ചതിഷിദ്ധം അത മോഹനിമിത്ത പരിത്യാഗ താമസ പരികീർത്തി തമയി അതുകൊണ്ട് ആ കർമ്മത്തിനെ മോഹം കൊണ്ട് വിട്ടുകളയരുത് അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു ഇനി ഉള്ള ശ്ലോകങ്ങൾ ഈ യജ്ഞം എങ്ങനെ ചെയ്യണം കർമ്മത്തിനെ യോഗമാക്കി മാറ്റി സന്യാസമാക്കി മാറ്റി അതൊരു സ്പിരിച്വൽ പ്രാക്ടീസാക്കി മാറ്റി ഏത് കർമ്മവും ഏകനാഥ് സ്വാമി ഏകനാഥി ഭാഗവതത്ത് പറഞ്ഞ് വീട് മുഴുവൻ അടിച്ചു തലച്ച് വൃത്തിയാക്കി കുപ്പയൊക്കെ കൊണ്ടുപോയിട്ട് നാരായണായത്തി സമർപ്പയാമി എന്ന് പറഞ്ഞ് പുറകുവശത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഗംഭീരമായി യജ്ഞമായിട്ട് മാറി ആർക്ക് അതിന്റെ രഹസ്യം അറിയുന്ന ആൾക്ക് അല്ലേ കബീർ ജീവിതം മുഴുവൻ തുണി നെയ്തുകൊണ്ടിരുന്ന ആളാ അവരൊന്നും പണി വിട്ടില്ല കബീർ തുണി നെയ്തുകൊണ്ടിരുന്നു െന്ന് പറ ഒരു വലിയ ജ്ഞാനി ചെരുപ്പുകുത്തിയായിരുന്നു നാമദേവൻ ടെയ്ലറായിരുന്നു ഇങ്ങനെ ഭക്തന്മാരുടെ കഥയൊക്കെ നോക്കിയാൽ ഒരാൾ തോട്ടിയായിരുന്നു ഇവരൊക്കെ തന്നെ ജ്ഞാനികളായിരുന്നു ആത്മാനുഭവത്തിൽ രമിച്ചു കൊണ്ടിരിക്കുന്നവര് പണിയൊന്നും വിട്ടില്ല ഗീതാഭാഷ തുടങ്ങുമ്പോ തന്നെ പറയണ്ടേ ചിലര് കർമ്മത്തിനെയും കർമ്മത്തിന് കാരണമായിട്ടുള്ള കരണങ്ങളെയും ഉപേക്ഷിക്കും ശുഗവാമദേവാദികളെ ശുഗനെ പോലെ സനകാദികളെപ്പോലെ അവരും വിശിഷ്ടരാണ് അവർക്ക് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ആർ ദേർ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കും രമണ മഹർഷിയെപ്പോലെ ചിലര് അജ്ഞാനത്തിനെ ഉപേക്ഷിച്ച് ജ്ഞാനനിഷ്ഠയിലിരിക്കും കർമ്മത്തിനെ ത്യജിക്കില്ല കർമ്മം ചെയ്യണമെന്നുള്ള ഭാവം പോയി കളയും അകർമാത്മദർശിയായിട്ടിരിക്കും പക്ഷെ കർമ്മം നടക്കും ആ ശരീരം കൊണ്ട് ലോകത്തെ ശങ്കരാചാര്യരെ പോലെ ലോകം മുഴുവൻ നടന്ന് പലതും ചെയ്തു വിവേകാനന്ദ സ്വാമി ചെയ്തു അല്ലെ ഒക്കെ ചെയ്യുമ്പോഴും ഒരു സ്വാർത്ഥതയും അതിനകത്തല്ല ഇഫ് യു ഹാവ് ലവ് ഇൻ യുവർ ഹാർട്ട് ഈച്ച് വേർഡ് ദു ടെ ലൈക്ക് ഇറ്റ് ക്രിയേറ്റ് എ ടൈഡൽ വേവ് ഓഫ് സ്പിരിച്വൽ വിവേകാണ് പ്രേമെന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന ലാവ് അല്ല അതിൽ ഇമോഷണലല്ലാതെ അത് ജഗതീശ്വരിയുടെ കരുണാശക്തിയാണ് അത് ജഗത്തിന് ഹിതം ചെയ്യാനായിട്ട് ജ്ഞാനികളുടെ ഹൃദയത്തില് ചിലപ്പോൾ ഉണ്ടാവും ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ ഒരു സ്ഥലത്ത് തന്നെ പറയണ്ട് അവർക്ക് ഈശ്വരദേഹ സമ്പർക്ക അവർക്ക് ഈശ്വര ശരീര സമ്പർക്കം ഉണ്ടാവും എന്നാണ് അതായത് ഈശ്വരന്റെ നിയതി അവരെ കയറി പിടിക്കും അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ചിലതൊക്കെ ചിലപ്പോൾ ചെയ്യും അതിൽ ഈശ്വര ശക്തിയാണുള്ളത് അവരുടെ വ്യക്തിത്വമോ അഭിമാനമോ സ്വാർത്ഥതയോ ഒന്നും അതിന് പുറകിലില്ല അപ്പോ ആ ഒരു കർമ്മം പരിപാടി ആ ഒരു യോഗ രഹസ്യത്തിന് ഭഗവാൻ ഇനി പറയാൻ പോവാണ് അത് നമ്മൾക്ക് തുടർന്ന് കാണാം ഈ അമൃതാനുഭവം മ്മള് തുടർന്ന് അനുഭവിക്കണം സത്യം ജ്ഞാനമന്ത് നിത്യമനാകാശം പരമാകാശം ഗോഷ്ട്രാങ്കണരിങ്കണലോലമ ുവനാരം മാധമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം govindam paramanandam, govindam paramanandam, bhaja govindam paramanandam. ഗോവിം പരമാനന്ദം ഭജോവിം പരമാനന്ദം മൃത്സ്മത്സീഹേതിയശോധ താടനശൈശവസന്ത്രസം വ്യാതി വക്ലോകലോക ലോക ചുർദ ലോക ലോക യ പുരമൂല സ്തംഭം ലോകോകമനോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ോവിം പരമാനന്ദം ഭജം ത്രൈവിഷ്ട്രീപുരഗ്നം കിതിഭാരംഗ്നം കൈവല്യം നവനാഹാരം ഭുവനം വൈമലയസ്ഫുട ചേവൃ ി വിശേഷാഭാസമനസം കെയല ശാന്ത പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദ പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദോവിരമാനന്ദം ഭജോവിരമാനന്ദം ോപലം ഭൂലീല വിഗ്രഹ ഗോപം കൂല ഗോപാലോപീകേന ഗോവർദ്ധന ധൃതി ലീലാ ലാളിത ഗോപാലർഗദോവി സ്ഫുടാമാനം ബഹുനാമാനം ോപീഗോ ദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിംം പരമാനന്ദം